എന്നാൽ അള്ളാഹു സുഹാനഹഹുവചായലായേയും അവൻറെ ദൂതനെയും ആര് ധിഖരിക്കുകയും അവൻറെ അതിരുകൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അവൻ നരകത്തിൽ പ്രവേശിപ്പിക്കും അവിടെ അവൻ ശാശ്വതമായി വസിക്കും അവന അപമാനകരമായ ശിക്ഷയുണ്ട്